മൂന്നാല് ദിവസം നടന്ന വഴക്കല്ല അവസാനിച്ചു തമസ് തമസിന്റെ പരമാണുക്കളിൽ നിന്ന് ണ്ടായത് തന്നെയാണ് അതിന് എന്തൊക്കെ പറഞ്ഞാലും അത് ഉണ്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ട് അതിന് രൂപമുണ്ട് അതുകൊണ്ടത് ദ്രവ്യവുമാണ് ഇത്രയാണ് സമർത്ഥിച്ചത് താമസ ദ്രവ്യമാണ് അതല്ല ഇനിയും നിങ്ങൾക്ക് അഭിപ്രായ വീണ്ടും ചൊറിയാനാണ് ഭാവമെങ്കിൽ നാല് ഭൂതങ്ങള് അതിൽ നിന്നേ ദ്രവ്യം ഉണ്ടാകത്തുള്ളു അപ്പോൾ ഈ നാല് പരമാണുക്കളിൽ ഏതിൽ നിന്നാണ് ദ്രവ്യം തമസ്സുണ്ടായത് ഇങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഭാവം എങ്കിൽ അങ്ങനെ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അതിലൂടെ സമാനം പറഞ്ഞേക്കാവുന്നാണ് ആര് പറയുന്നത് സുഖാചാര്യം പറയും ഞങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ചല്ല ഇതുവരെ നിങ്ങളോട് സംഭാഷണം നടത്തിയത് നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ചിട്ട് തമസ് പരമാണുക്കളിൽ നിന്നുണ്ടായി മഹത്തായി അത് രൂപമുള്ളത് കൊണ്ട് അത് പ്രത്യക്ഷമായി കാണുന്നത് ദ്രവ്യമാണ് ഇന്ന് ഈ ദ്രവ്യം എന്ന് പറയുമ്പോൾ അത് തികച്ചും എന്താണ് സാങ്കേതികമായി പറയാണ് എങ്ങനെ തമഹദ്രവ്യം രൂപകത്വ അങ്ങനെ തമസദ്രവ്യമാണ് രൂപമുള്ളത് മഹത്വാ ഇങ്ങനെയൊക്കെയുള്ള ഹേതുക്കൾ കൊണ്ട് പറയണം അപ്പം ഈ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിലും നമുക്ക് വിഭ്രമുണ്ടാകാം എന്താണ് ഈ ദ്രവ്യം എന്ന് പറഞ്ഞാൽ രൂപമുള്ളത് ദ്രവ്യം മഹത്തായത് ദ്രവ്യം അങ്ങനെ മനസ്സിലാക്കണം അല്ല ഇന്നത്തെ നമ്മൾ പറയുന്ന ദ്രവ്യം എന്നുള്ള ബോധത്തിൽ മനസ്സിലാക്കരുത് അപ്പൊ അന്ന് എങ്ങനെ അവർ ചിന്തിച്ചിരുന്നു ആ രീതിയിൽ തന്നെ മനസ്സിലാകണം അപ്പൊ അതൊരു ദ്രവ്യമാണ് എന്നുവെച്ചാൽ തേജസ്സിന്റെ അഭാവമല്ല തേജസ്സിന്റെ അഭാവമാണെന്ന് താർക്കികൻ പറഞ്ഞു താർക്കികനെ ർക്കെ മിണ്ടാനൊക്കെ ദ്രവ്യമാണ് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ പൊളിച്ചടിക്കാസം മാറും ഞങ്ങളുടെ പക്ഷമനുസരിച്ച് ഇതൊന്നുമല്ല തമസ് ഈ പറയുന്ന പോലെ ഒന്നുമല്ല വിനയോ തമഹ തമോ അവയവരാരബ്ധം തമസ് തമസിന്റെ അവയവങ്ങളിൽ നിന്നുണ്ടായ ഒന്നല്ല നാല് ദ്രവ്യ അവയവങ്ങളല്ലേ ഉള്ളൂ തമസ് അവര് പെടുന്നില്ലല്ലോ ഒരു സ്പർശവുമില്ല രൂപവുമില്ല പിന്നെ അതെങ്ങനെ ദ്രവ്യാവയമാവും വേണ്ട ദ്രവ്യ അവയവങ്ങളിൽ നിന്നുണ്ടായതല്ല പിന്നെ ഇതെങ്ങനെ തമസ് പറയുന്നു തസ്യ മൂല കാരണ തമസ്സുണ്ടായത് പരമാണുക്കൾ ഇങ്ങനെ കുടിച്ചായിരുന്നു തെണുഗം തെണുഗം ചതുണുകം പഞ്ചണുകം അവയവങ്ങൾ അവയവി വീണ്ടും അവയവങ്ങൾ അവയവി അങ്ങനെയെല്ലാം ഉണ്ടായത് അങ്ങനെയൊക്കെ തമസ്സുണ്ടാവെന്ന് പറഞ്ഞാൽ അതൊരു മെനക്കെട്ടപ്പണിയാണ് അങ്ങനെ ഉണ്ടായവരാഞ്ഞാൽ കാരണം ഇപ്പം നമ്മുടെ ഉമ്മി കാണുന്ന ഈ പൃഥ്വി തന്നെ പരമാണു ദണുക്കം തിരണെടുക്കം ഈ ക്രമത്തിലുണ്ടായി വന്നാണെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ എന്തുകൊണ്ട് എന്തായാലും കുറച്ച് സമയം പിടിക്കുമല്ലോ ഇങ്ങനെ ഉണ്ടായി വരുന്നതിന് കാലവ്യത്യാസമുണ്ടല്ലോ കാരണം ക്രിയ നടക്കണമെങ്കിൽ കാല വ്യത്യാസമുണ്ട് ഒന്നാമത്തെ ക്ഷണത്തിൽ രണ്ടു പണ ആൾക്കാർ ക്രിയ ഉണ്ടായി രണ്ടാമത്തെ ക്ഷണത്തിൽ രണ്ടു പണം ആൾക്കാർ കൂടി ചേർന്നു ക്രിയ സംയോഗം വിവാഹം ഇങ്ങനെയൊക്കെ സമയമെടുക്കും പിന്നെ അത് കൂടി ചേർന്ന് അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനല്ല ഞങ്ങളുടെ തമസ് അങ്ങനല്ല ഉണ്ടോ ഞങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് മൂലകാരണം എന്താണ് മായയോടുകൂടിയ ബ്രഹ്മം കേവല വിദ്യക്കൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല മായാവിയായിരിക്കുന്ന ബ്രഹ്മം ജഗത് സൃഷ്ടിക്കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോ നേരിട്ടിങ്ങുണ്ടായി ഇന്റർവ്യൂ പരിപാടിയൊന്നും നേരിട്ട് നേരിട്ടുണ്ടോ തമസ് ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ പരമാണുക്കൾ ഉണ്ടാവുന്നെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ഇത്രയും പ്രയാസം അതെങ്ങനെ മനസ്സിലായല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും സൃഷ്ടികളത്ത ആരാണോ മായാവി ആ മായാവിക്ക് തമസിനെ സൃഷ്ടിക്കുന്നതിന് വല്ല ദാരിദ്ര്യമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ മായാവുമ്പോൾ സർവജ്ഞനും സർവശക്ത നോക്കിയാണ് തമസിനെ സൃഷ്ടിക്കുന്നു അപ്പോ നിങ്ങൾ വെളിച്ചം കൊണ്ട് എന്ത് ചെയ്യുന്നു അതിനെ നശിപ്പിക്കുന്നു കാറ്റിടിച്ച് വിളക്ക് അണിഞ്ഞുപോയാൽ മായാവിയുടനെന്റേയും തമസിനെ അവിടെ സൃഷ്ടിക്കുന്നു വീണ്ടും നിങ്ങൾ വിളക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തമാശയല്ല വീണ്ടും നിങ്ങൾ വിളക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരുന്നു അത് നശിച്ചു വിളക്ക് കാറ്റടിച്ച് അണഞ്ഞുകഴിഞ്ഞാൽ ഉടൻ മായാവ് എന്തു ചെയ്യും മായാവ് റെഡിയാണ് ഏത് സമയം തമസനെ സൃഷ്ടിക്കാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തി സംഭവിക്കുന്നതാണ് ഈ തമസനെ സൃഷ്ടിക്കുകയാണ് പ്രയാസം ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ അത് പരമാണു ദണുക ഇങ്ങനെയുള്ള ഇടപാടൊന്നുമില്ല പിന്നെയോ അതെന്ന് പറയുന്ന മൂന്ന് കാരണ മേഘമണ്ഡല മഹാവിദ്യു ആദി ജന്മവേഘമണ്ഡലത്തിൽ നിന്നും മഹാവിദ്യുണ്ടാവും അല്ലേ വിദ്യുതെന്ന് പറയുന്നത് എന്താണ് പിന്നെ ലൈറ്റനിങ് കണ്ണി ചിമ്മിപ്പോകുന്നു അവിടെ പെരമാണു ദടുകൽ തെടുക ഇങ്ങനെയാണ് ഉണ്ടായത് കാലതാമസം എല്ലാം ഉണ്ടായത് അങ്ങനെ ആദ്യത്തെ ശബ്ദം പിന്നെ അതിൽ നിന്നുണ്ടാകുന്നതാണ് ആദ്യം എന്തു ചെയ്യുന്നു മായാവിയൊരു മുട്ടുമുട്ടും ആ ശബ്ദം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ ശബ്ദങ്ങൾ അതിൽ നിന്നും ഉണ്ടായിക്കോളും ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഒറ്റ മിന്നൽ അതുപോലെ തന്നെയൊന്നും കാലതാമസമൊന്നുമില്ല മായാവിയായിരിക്കുന്ന ബ്രഹ്മം ഉണ്ടാക്കുന്നതാണ് എന്ത് ജന്മ അഭ്യൂമം അതാണ് ഞങ്ങളുടെ സിദ്ധാന്തം അത് അത് ഇത് കുറച്ച് കടന്നുപോയി എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ സൃഷ്ടിയിലൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരു സമാനം പറയണമെന്നുള്ളത് സൃഷ്ടി വാസ്തവത്തിലിവിടെ റെഡിയില്ല മിന്നലും ഇല്ല മേഘവും എല്ലാം മിഥ്യ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയണം നിങ്ങടെ പറയേണ്ടി വന്നാൽ ഇത് മായാവും എന്ന് ഇതെന്നെ സൃഷ്ടിച്ചത് എന്റെ തത്വത്തിൽ വ്യവഹാരത്തിൽ കാര്യമില്ലെന്നല്ല വ്യവഹാരം വേറെ തത്വമേര് അതിൽ തത്വമില്ലെന്നേ പറയുന്നുള്ളൂ വ്യവഹാരമില്ലെന്ന് പറയുന്നുള്ളൂ ശാസ്ത്രജ്ഞ അല്ലല്ല അത് ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് അവരെ വിഷയത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മറ്റു വിഷയങ്ങൾ ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല ഭാമതികാരനെ കുറിച്ച് പറയുന്നില്ലേ ഇവിടെയുണ്ട് അങ്ങനെയുള്ള വട്ടന്മാർ അവരെന്തെയും അവരുടെ വിഷയത്തിൽ തന്നെ ചിന്തിക്കുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളിൽ ചിന്തിക്കാതെ വരും അങ്ങനെയല്ലേ ഭാഗതികാരനെ കുറിച്ച് പറയും അതാർക്കും ഇവിടെ സംഭവിക്കും അത് അവരുടെ മനസ്സിന്റെ കോൺസെൻട്രേഷൻ പക്ഷെ എന്നാലും വ്യവഹാരത്തെ പറയുമ്പോൾ അവർ പറയും അവന്റെ നിയമങ്ങളനുസരിച്ച് തന്നെയാണ് വ്യവഹാരം ഭാട്ട നിയമം സ്വീകരിച്ചേ പിന്നെ അത് മൂത്തു കഴിഞ്ഞാൽ അവതൂതനാവും അവതൂതൻ മറ്റു കുറച്ചുകൂടെ കൂടി കഴിഞ്ഞ ആ അത് മൂത്തു കഴിഞ്ഞ അവധൂതനാവും അത് കുറച്ചുകൂടി മൂത്ത് വരുന്നാണ് പക്ഷുകാരനൊന്നും അത്രയും മൂത്തില്ല ഭൗമതികാരനും പിന്നെ എഴുതാനൊന്നും പറ്റത്തില്ല ഏ സദാശിബ്രഹ്മേന്ദ്രൻ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു അത് തന്നെ അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ഇനി അവസാനം മൂത്തുപോയോന്നറിയാൻ പറ്റില്ല ശങ്കേരിയിലൊരു ശങ്കരാചരിണ്ടായിരുന്നു ഇങ്ങനെ മൂത്ത അവസാനം പിടിച്ച് അടച്ചൊക്കെ ഇട്ടിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ വരും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ബെല്ലം ബ്രേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ മൂത്തു പോവും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം ഇങ്ങനെ സിദ്ധാന്തം വരുന്നതിന് കാരണം എന്ന് പ്രകാശാത്മയതി എന്ന് പറയുന്ന വിദ്വാനാണ് ആരാണ് അദ്ദേഹം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സർവജ്ഞാത്മമിനി ഇത് പത്മപാതാചാര്യരുടെ പണ്ഡന ഉണ്ടോ കാര്യം നല്ല കാര്യം പഞ്ചപാതിക വിവരണം എന്ന് പറയുന്നത് വ്യാഖ്യാനം വഴിയാണ് ഇതൊക്കെ ജി കെ ആണ് അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായം കൊണ്ടുവന്നു ഇങ്ങനെ ഒരു വിവരണകാരന് പല ഇതുപോലെയുള്ള വെളിപാടുകളും ഉണ്ടായിട്ടുണ്ട് ആ വെളിപാടെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത് വിവരണ പ്രസ്ഥാനം പറയുന്നത് പുള്ളി ജയിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞോളെ കാരണം ഒരുപാട് തർക്കം നടത്തി തർക്കികന്മാരുമായിട്ട് തർക്കന്മാർ വിടുന്നില്ല അവങ്ങളുടെ താമസം എന്ന് പറയുന്നു ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ടുണ്ടായത് ബ്രഹ്മം സൃഷ്ടിച്ചാണ് ഇനി നോക്കുവാനും പറയാനുണ്ടോ എന്ന് പറഞ്ഞു യുഷ്മസ്മത്പത്യോഹോ വിഷവിഷണോഹോ തമപ്രകാശോദ്രുദ്ധസ്വഭാവയോഹോ ഇതരേതര ഭാവ അനുബത് എന്ന് പറയുന്ന ഭാഗം വ്യാഖ്യാനിക്കുമ്പം യുഷ്മത്പര്ത്തിയവും അസ്മത്പര്ത്തിയവും ചുരുക്കി പറഞ്ഞാൽ ചിത്തും ജടവും എന്ന് പറയാം ജഡവും ചിത്തും ഇത് തമസ്സും പ്രകാശവും പോലെ വിരുദ്ധ സ്വഭാവമുള്ളതാണോ തമസും പ്രകാശവും എന്ന് പറയുന്ന ഉദാഹരണത്തെ കൊണ്ടുവന്ന് വൈരുദ്ധ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആര് കൊണ്ടുവന്നത് ഭക്ഷിക്കാർ അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഇതരേതര ഭാവം സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ വിവരണകാരൻ അദ്ദേഹം ഇതിൻ്റെയൊക്കെ ആശാനാണ് കല്പനയുടെ ആശാനാണ് അദ്ദേഹം അവിടെ പൂർവർഷം കൊണ്ടുവന്നത് എന്താണ് ഇതരേതരഭാവം നമ്മൾ ബ്രഹ്മസൂത്രത്തെ കുറിച്ച് അർച്ച ചെയ്യുന്നതാണ് അതിനനുസരിച്ച് അർച്ച ചെയ്ത് സഹ ഇതരേതരഭാവം നടക്കില്ല എന്ന് പറഞ്ഞാൽ സഹ അനവസ്ഥാനമാണോ ഉദ്ദേശിക്കുന്നത് ഒരുമിച്ചിരിക്കില്ല അതാണോ ഉദ്ദേശിക്കുന്നത് അതോ താതാത്മ്യം സംഭവിക്കില്ല എന്നാണോ ഇങ്ങനെ ഒരു പൂർവപക്ഷം പഞ്ചപാതിക ഇത് ഒരുമിച്ചിരിക്കത്തില്ല എന്നാണ് പറയുന്നെങ്കിൽ പൂർവപക്ഷത്തിന് വിവരണ എന്താ പഞ്ചപാതികാരൻ പറഞ്ഞത് അത് ശരിയല്ല മന്ദ അന്ധകാരത്തിൽ ഒരു ഉപദർശനം ഉണ്ടല്ലോ മന്ദ അന്ധകാരത്തിൽ രൂപദർശനമാണ് അപ്പോൾ ഇരുളും വെളിച്ചവും ഒരുമിച്ചിരിക്കത്തില്ല പറയുന്നത് ശരിയല്ല മന്ദ ഇരുട്ടുകൊണ്ട് അവ്യക്തമായിട്ട് വസ്തുക്കൂടെ കാണാനും കഴിയുന്നുണ്ട് വെളിച്ചം ഒരു ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അല്പം കൂടെ കടന്ന് പറയുന്നു എന്താണോ ഛായ ആതപ്പം ഛായ ആതപ്പം എന്ന് പറഞ്ഞാൽ നീളും വെളിച്ചു നീളും വെളിച്ചുകൊണ്ടിടത്ത് ശീതവും അനുഭവിക്കുക ഉഷ്ണവും അനുഭവിക്കുക അല്ലേ നമ്മൾ ആലിന്റെയൊക്കെ കാര്യം പറയുന്നില്ലേ അപ്പവിടെ ഉഷ്ണുണ്ട് ശീതമുണ്ട് അപ്പൊ ഉഷ്ണവും ശീതവും പരസ്പര വിരുദ്ധമാണെങ്കിലും അതെങ്ങനെ വന്നു പ്രശ്നം ആരുടെയാണെന്നുള്ള പ്രശ്നം ഛായയുടെ ആണോ ജലത്തിൻ്റെയാണ് അതൊന്നുമുള്ള വിഷയം ചായയും ആട്ടപ്പോ നെള്ളും വിളിച്ചുകൊണ്ടെടുത്ത് ഉഷ്ണു കൊണ്ട് ശീതവും അനു അപ്പോൾ ഉഷ്ണവും ശീതവും പരസ്പര വിരുദ്ധമാണ് അത് ഒരുമിച്ചിരിക്കുന്നു ഇവിടെ പോലാണ് വഴിതെറ്റിരിക്കുന്നത് ഒരു കണക്കി പറഞ്ഞാൽ അദ്വൈതത്തെ വഴിതെറ്റിച്ച ഇവിടെ പോലാണ് അപ്പൊ പിന്നെ തമപ്രകാശ വിരുദ്ധ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ എന്നുവെച്ചാൽ രണ്ടിത് താതാത്മ്യം സംഭവിക്കില്ല എന്നുള്ളതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് തമസും വെളിച്ചവും താതാത്മ്യം സംഭവിക്കുന്നത് എന്താണോ രണ്ടും ഒന്നാകത്തില്ല എന്ന് പറഞ്ഞാൽ നെഴിലും വെളിച്ചം കൊള്ളിടത്തും നിങ്ങൾ പറയുന്നു ഇത് നെഴലുണ്ട് ഇവിടെ വെളിച്ചമുണ്ട് എന്നാല് രണ്ടും ഒന്നെന്ന് പറയുന്നുണ്ട് മന്ദ അന്ധകാരമുള്ളടത്തോ നിങ്ങൾ പറയുന്നു ഇവിടെ ഇരുട്ടുകൊണ്ട് രൂപദർശനം അപ്പൊ ഒന്നാവുന്നുണ്ടോ അപ്പോ താതാത്മ്യം സംഭവിക്കില്ല ഇതാണ് ഇത് തന്നെയാണ് ഭാഷകാരൻ്റെ ഉദ്ദേശം എന്താണ് ഈ ചിത്തഞ്ചടും കൂടെ ഒന്നാകും അതൊക്കെ നമ്മളവിടെ വിശദീകരിച്ചാണ് രണ്ടായിട്ടേ ഇരിക്കത്തുള്ളൂ രണ്ടായിട്ടിരുന്നു കഴിഞ്ഞാൽ അഹംബോധം ഉണ്ടാകത്തില്ല അവിടെ വിശദീകരിച്ച കൂടുതൽ ഈ പ്രക്രിയ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിവരണാചാര്യന്റെ ഭാവന ചിറകുടർത്തിയത് ഉടനെ അദ്ദേഹം എന്തു പറഞ്ഞു ീ പറഞ്ഞിരിക്കുന്ന ശരിയല്ല എന്തുകൊണ്ട് ചിത്തും ജഡവും അല്ലേ ചിത്തും ജടവും തമ്മിൽ താതാത്മ്യം വരയില്ല എന്ന് പറഞ്ഞു ചിത്ത് ഭാവമാണ് ജഡം ഭാവമാണ് താതാത്മ്യം വരയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ദൃഷ്ടാന്തമായിട്ട് എന്താ പറഞ്ഞത് തമസും പ്രകാശവും അപ്പം ഇതിന് ദൃഷ്ടാന്തമായി പറയുമ്പോൾ അങ്ങനെ ദൃഷ്ടാന്തമായി പറയണമെങ്കിൽ തമസും പ്രകാശവും ഭാവവസ്തുക്കളായിരിക്കും മനസ്സിലായോ ചിത്തിൻ ജടവും തമ്മിൽ വിരോധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഭാവവസ്തുക്കൾ തമ്മിൽ വിരോധമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതിന് ഉദാഹരണം പറയുമ്പോൾ എന്ത് രണ്ട് ഭാവവസ്തുക്കളുടെ വേണം പറയേണ്ടത് ഉദാഹരണത്തിന് ഇദ്ദേഹം വലിയ പണ്ഡിതനാണ് പ്രകാശാത്മീരിയെന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനെന്ന് വെച്ചാൽ കിലോയും എണ്ണും ഒന്നുമല്ല അതിന്റെ മേളിലാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അപ്പോ ഇത് രണ്ടും ഭാവമാകണം എന്നാലേ ദൃഷ്ടാന്തമാകത്തുള്ളൂ എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു ആ അത് ഭാഷ്യകാലം തന്നെ പറയുന്നുണ്ട് ദൃഷ്ടാന്തും ദാഷ്ടാന്തിയും തമ്മിൽ എല്ലാ സ്ഥലത്തും സാധർമ്യം വേണമെന്നില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ഭേദമില്ലാതെ ആയിക്കും അപ്പൊ വിവക്ഷിതമായ ധർമ്മങ്ങളാണ് അതിലാണ് സാധിച്ചത് ഇവിടെ ഭാവവും അഭാവവും തമ്മിലല്ല വിരോധത്തിലാണ് ചിത്തഞ്ചടവും എങ്ങനെയാണോ ഒന്നാകാത്തത് പൂർവോക്ഷമാണത് അത് മനസ്സിലാവണം ചിത്തൻചടം എങ്ങനെയാണോ ഒന്നാകാത്തത് അതുപോലെ തമസും വെളിച്ചവും ഒന്നാകത്തില്ല എന്തുകൊണ്ട് അതാണ് അതിന്റെ വിരോധം ഈ വിരോധമാണ് ഭാഷകാരൻ വീക്ഷിച്ചത് പക്ഷെ വ്യാഖ്യാതാക്കൾ എവിടെ പോയി ഏ ഉദാഹരണം ഭാവമായാലേ ചിത്തിനും ചടത്തിനും ഉദാഹരണമാകത്തുള്ളൂ എന്നുള്ള ധാരണയിലെത്തിയിട്ട് അപ്പോ അവിടെ അതൊന്ന് വേറെയും ഏത് പറയുന്നുണ്ട് അങ്ങനെ മാറ്റുന്നുണ്ട് കാരണം വേറൊരു ഹേത് പറയുന്നത് അവിദ്യയെ അനുരോചനീയായിരിക്കുന്ന അവിദ്യയെ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുമ്പോൾ അതിനൊരു ദൃഷ്ടാന്തം വേണം അനുവചനീയമായ ഒരു ദൃഷ്ടാന്തം അതിനു വേണ്ടിയിട്ട് തമസിനെ എന്താക്കി ഒരനുവചനീയ പദാർത്ഥമാക്കി അഭാവമായ അനുരചനീയമാകത്തില്ല അതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് വിവരണാചാര്യൻ എന്ത് ചെയ്തത് പറഞ്ഞു വെളിച്ചവും തമസും രണ്ട് ഭാവപദാർത്ഥമാണ് ഭാവപദാർത്ഥം എന്ന് പറയുമ്പോൾ അന്നത്തെ രീതിപ്രയണ്ടേ വെളിച്ചമെന്ന് പറയുന്നത് എന്താണ് തൈജസമാണ് അപ്പോ ദ്രവ്യമായി തമസം എന്ന് പറയുന്നതും അപ്പോ ഒരു ദ്രവ്യമാവണം അപ്പൊ അതിനു അവിടെ ഇത് പറഞ്ഞാൽ കാർഗിക സമ്മതിക്കോ താർക്കിനാർ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് തമസ് പ്രകാശത്തിന്റെ അഭാവമാണ് അന്ന് തുടങ്ങിയ യുദ്ധമാണ് അത് തമസിന് അത് വേറെ രീതിയിൽ പറയും അതാണ് നമ്മൾ പറഞ്ഞ എന്താണ് ഭാവാഭാവാധികേ അവിദ്യതത്വേ ദുഷ്ടാന്തിതാന്തേ ഇവിടെ ഇതി തന്നെ വന്നതാണ് വൃദ്ധൈ തദസ്യാവം വൃദ്ധയെന്ന് വെച്ചാൽ ഇവിടെ വൃദ്ധൻ എന്ന് പറയുന്ന വിവർണ ആചാര്യൻ വൃധൈ തദസ്യ ഭാവത്വം വാദേനാനേന സദ്യത എന്ന് പറഞ്ഞത് അതാണ് അത് ഇത് ഭാവമായ മതി അത് മറ്റൊരു വിഷയം അപ്പോ അനുവചനീയമായ കാരണം ഇവിടെ ഇത്രയുള്ളു തമസും ഭാവമായി കഴിഞ്ഞാൽ അനുവചനീയ അവദ്യയും അതും ഭാവമാണ് അഭാവമല്ല ഇങ്ങനെ സമർത്ഥിക്കണം അതു പിന്നെ വലിയൊരു എന്താണ് തർക്കവിഷയമാണ് എന്തായാലും അത് തുടങ്ങിയതിങ്ങനെയാണ് ഒരു പൂർവ്വപക്ഷം പറഞ്ഞപ്പോൾ തമസം വെളിച്ചവും തമ്മിൽ വിരോധമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ചിത്തിനും ചടത്തിന് ഉദാഹരണമായി പറഞ്ഞപ്പോൾ ചിത്തഞ്ചടവും ഭാവമായത് കൊണ്ട് തമസം വെളിച്ചവും ഭാവമായി ഉദാഹരണം ശരിയാകൂ എന്നുള്ളതൊന്നും പിന്നെ മറ്റൊന്ന് ഭാവമായ ഒരു അന്ധകാരം വേണം ഉദാഹരണമായിട്ട് എന്തിനാ ഭാവമായ അവദ്യക്കുവേണ്ടി അവിദ്യ അഭാവമല്ല ഭാവമല്ല സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയില്ല പക്ഷെ അഭാവമല്ല മനസിലായോ അത് അഭാവമല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്വന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയില്ല എന്നാൽ അത് ഭാവ ഭിന്നമാണ് എന്നാത് അനിർവചനീയമാണ് അങ്ങനെ അത് ഭാവമാണ് അഭാവ ഭിന്നമാണ് അതുപോലെ ഭാവങ്ങൾ പറഞ്ഞപ്പോൾ താർക്കന്മാർ സ്വഭാവമായിട്ടും പറഞ്ഞു അത് തമസിനെ സ്വഭാവമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല തോമസിനെ അഭാവമായിട്ട് സ്വീകരിക്കുന്നു ഭാവമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല താർക്കികന്മാരെ വീണ് ഉടനെ പ്രവാസാത്മയതീൻ താർക്കികന്മാരും മേൽ യുദ്ധമായപ്പോ സഹായിക്കാൻ ആര് പോയി ചിസ്സുകാചാര്യർ പോയി അതിന് വ്യാഖ്യാന വഴി ചിസ്സുകാചാര്യര് ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് എന്ത് ഭാഷ്യം ഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ് പഞ്ചപാതികയുടെ വ്യാഖ്യാന അതിന്റെ വ്യാഖ്യാനം ഇദ്ദേഹം പോയി എഴുതി ചിസ്സുകാചാര്യ അപ്പൊ ചിസ്സുകാചാര്യതിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റോ ഏ അല്ല അത് വിദ്യാർത്ഥിനി ഇതുവരെ ചിസ്സുകാചാര്യത് സമ്മർദ്ദിക്കാൻ പോയപ്പോ ചിസ്സുകാചാര്യൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ ഇപ്പൊ പ്രയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ് വിദ്യുതാദി ജന്മവത്തെന്ന് പറഞ്ഞാർ വിവരണാചാര്യൻ വിവരണാചാര്യനാണിത് പറഞ്ഞത് അതിനെ ചിസുഖാചാര്യരും എന്ത് ചെയ്തു ഏറ്റു പറഞ്ഞു എന്താ ഞങ്ങളുടെ പക്ഷത്തിൽ അതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെയും ഒരുപാട് ഈ പറഞ്ഞ ഇവിടെ പറയുന്ന മിക്കവാറുമുള്ള വാദങ്ങളെല്ലാം അവിടെ നടന്ന സംഭവമാണ് ആര് പ്രകാശാത്മീയം നയായികന്മാരുമായിട്ടും അത് കഴിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിശുവാചാര്യനും ശത്രുക്കളുമായിട്ട് കാണുന്ന വാദപ്രതിവാദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ വിവരണകാരൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്താണോ ചിത്തിനും ജഡത്തിനും പറയുന്ന ഉദാഹരണം ഭാവമായിരിക്കണം ആ രീതിയിൽ ചർച്ച തിരിഞ്ഞു പോയി അവിടെ അതുകൊണ്ട് അന്ധകാരത്തെ ഭാവപദാർത്ഥമായി സമർത്ഥിക്കണം അങ്ങനെ ചർച്ചയെ വഴിതിരിച്ചുവിട്ടവിടെ അപ്പോൾ അത് ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വ്യാഖ്യാനം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഭാമതികാരം വ്യാഖ്യാനിച്ചത് ഭാമതികാരം മേഖാനിച്ചോ പറഞ്ഞു എന്താണ് ഇതൊരു വിഷയമേ അല്ലെ അതെ ഇങ്ങനെയുള്ള നൂലാമാലകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അത് തമസ് ഭാവമാണോ അഭാവമാണോ വേറെ വിഷയം ഇവിടെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇരുട്ടും മണിച്ച് ഒന്നാകില്ല അത് മാത്രം മനസ്സിലാക്കിയാൽ മതി പൂർവക്ഷത്രേ പറയുന്നു കാരണം ഇവിടെ ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുകയാണ് ഭാവാഭാവങ്ങൾക്ക് ദൃഷ്ടാന്തം അല്ല പറഞ്ഞിരിക്കുന്നത് എന്താണോ താതാത്മ്യം സംഭവിക്കുകയില്ല അല്ലെങ്കിൽ പരസ്പര വിരോധത്തിനാണ് ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഭാവധികാരവിടെ എന്ത് വ്യാഖ്യാനിച്ചു വളരെ സിമ്പിളായി പറഞ്ഞു എന്താണ് തമസ് എന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ട് വെളിച്ചം എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം ഇത് രണ്ടും കൂടെ യോജിക്കത്തില്ല അർദ്ധരാത്രിയിലെ കാളരാത്രിയിലെ ഇരട്ടും നട്ടുച്ചയ്ക്കുള്ള വെളിച്ചവും തമ്മിൽ ഒന്നാകത്തില്ല ആർക്കും അത് സമുദാചരവൃത്തിനി എന്നാണ് ഭാഷ ഭാവുമതികാരൻ വ്യാഖ്യാനിച്ചു വളരെ വ്യക്തമായി തിരിച്ചറിയാവുന്ന ഈ രണ്ട് സാധനവും അങ്ങനെ തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ എന്താണ് ഒന്നാകുന്നില്ല എന്നാരും വ്യാഖ്യാനിച്ചു ഭാവുമതികാരൻ അപ്പം ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല പത്മ വിവരണകാരൻ പത്മവാതാണോ അല്ലെ അതിനൊക്കെ തർക്കമുള്ള കാര്യമാണ് ഇവിടെ ഇരുട്ടിന്റെയും വെളിച്ചത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ എവിടെ പോയി നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും അവിടെ പോയി ഭാഷകാരാണ് അല്ല പറഞ്ഞത് ഇരുട്ടും വെളിച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴലും അല്ല ഇരട്ടും പ്രകാശവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഴലും വെളിച്ചുമല്ല നിഴലും വെളിച്ചമെന്ന് പറയുന്നിടത്ത് ശരിയാണ് നമുക്കിങ്ങനെ അനുഭവമുണ്ട് അതല്ല ഭാഷകാരൻ അവിടെ ഉദ്ദേശിച്ചത് കാരണം വിരോധമില്ലാത്തന്നെ പറയേണ്ട കാര്യമുണ്ടോ വിരോധമില്ലാത്തൊരു കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല ഭാഷകാരൻ അവിടെ ഉപദേശിച്ചു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇരട്ടും അത് ശരിയാണ് ഇപ്പൊ എരുട്ടും വിളിച്ചോന്ന് പറഞ്ഞ അവിടെ നേരെ നെഴലിന്റെയും ഇരുട്ടും പ്രകാശം എന്ന് പറഞ്ഞതിന് വേറെ എന്ത് ചെയ്തു ചായ ആതപം എന്ന് പറഞ്ഞു തമപ്രകാശം എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം പഞ്ചപാധികാരികളിലൂടെ പോയി ഛായ ആതപം രണ്ട് രണ്ട അത് വിരോധമുള്ള കാര്യമല്ല വിരോധമുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പം വിരോധമില്ലാത്തടത്ത് എന്തിനാ പോകുന്നു അതിനെക്കുറിച്ച് എന്തിനും ചിന്തിക്കണം ഇതാണ് ചിന്ത പാണ്ഡിത്യ കൂടുമ്പം ചിന്ത വഴി തെറ്റിപ്പോകുന്നു അതുകൊണ്ട് ഈ കോലാഹാരങ്ങളും യുദ്ധങ്ങളും എല്ലാം നടക്കും ഭാഷകാരൻ ഇതൊന്നും ഉദ്ദേശിച്ചതേ അല്ല ഭാഷകാരം പറഞ്ഞെന്താണ് വളരെ വ്യക്തമാണ് സരളമാണ് ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒന്നാകത്തില്ല ഇരട്ടും പ്രകാശവും തമ്മിൽ അതെന്തേലും നേടം വെളിച്ചുവാക്കി ഒന്നാക്കാൻ പോയി അതിൻ്റെ ആവശ്യം അപ്പോൾ ഒരാൾ പറയുന്ന വിവക്ഷിതമായ അർത്ഥത്തെ മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വരുന്ന തകരാറുകളാണ് തമസ്സെന്തോ ആയിക്കൊള്ളട്ടെ ഭാവ പക്ഷെ അവിടെ വ്യാഖ്യാനം വഴിതെറ്റിയത് എന്തുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞതിൻ്റെ താല്പര്യം ശരിക്കും അവിടെ ഗ്രഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി ആര് പഞ്ചപാതകാചാര്യനും ഗ്രഹിച്ചില്ല ഭീറൻ ആചാര്യനും ഗ്രഹിച്ചിട്ടില്ല അത് ഭാവധികാരം അവിടെ ഗ്രഹിച്ചു എന്തുകൊണ്ട് ഈ സർക്കസിനൊന്നും ഭാവാധികാരം പോയതേ ഇല്ല ഭാവധികാരം നേരിട്ട് പറഞ്ഞു ഇരുട്ടും പ്രകാശവും ഒരുമിച്ചിരിക്കത്തില്ല പക്ഷേ പൂർവ്വപക്ഷമാണ് സിദ്ധാന്തം പോലും അല്ല അതുപോലെ ചിത്തിഞ്ചടവും ഒന്നാകത്തില്ല അപ്പോൾ കാര്യം തീർന്നു പിന്നെ പറഞ്ഞ ഉദാഹരണം ദൃഷ്ടാന്തം ദാഷ്ടാന്തികം പോലെ തന്നെ ഭാവമാകണം അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് തമസിനെ ഭാവമാക്കാൻ വേണ്ടി നടത്തിയ പ്രശ്നങ്ങൾ പിന്നെ അവിടെ നിഴലും വെളിച്ചു കൊണ്ടുവരിക അതിനെ പറയും ഇതൊക്കെ തികച്ചും അനാവശ്യമായ ചർച്ചകളായിരുന്നു അവിടെ ആ പൂർവക്ഷത്തിൽ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് വിയർക്കുന്നത് അല്ല ഇതുകൊണ്ട് അദ്വൈതത്തിലെന്താ പ്രയോജനം അദ്വൈതത്തില് ഇതുകൊണ്ട് പ്രയോജന അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് എന്താണ് ഭാഷ്യം മനസ്സിലാക്കണം ഭാഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയാം അദ്വൈതം മനസ്സിലാക്കുന്നത് ഭാഷ്യത്തിലൂടെ മനസ്സിലാക്കണം മറിച്ച് പോയി കഴിഞ്ഞാൽ മറിച്ച് പാണ്ഡിത്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വേണം എന്തു വേണം അതിലുള്ള നെല്ലും പതിലും തിരിച്ചറിയാനുള്ള കഴിവ് വേണം പിന്നെങ്കിൽ അവിടെ നിങ്ങക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്ന ദോഷമൊന്നുമില്ല പക്ഷേ നെല്ലും പതിലും തിരിച്ചറിയണം എന്താണ് എവിടെയാണ് ഈ പഞ്ചപാതയിൽ ഒരുപാട് നല്ല കാര്യമുണ്ട് അത് നോക്കുകയുള്ളതാണ് കാരണം മുമ്പ് എന്നെ പഞ്ചപാതയിലെ ഒരു വാക്യത്തോട് ഉദ്ധരിച്ചു എന്താണ് നേരത്തെ ഇവിടെ ബ്രഹ്മണോ അപർത്തത്വ പൃഥകിക ആനന്ദോ വിഷയാനുഭവോ നിത്യത്വം ചെയർമാ ബ്രഹ്മണോ അപർത്തത്വി പൃഥകിക നേരത്തെ ചരിച്ചു നിങ്ങൾ ഓർക്കുമെന്നറിയാനാണ് ഞാൻ അവസാനം ആദ്യം പറഞ്ഞത് എന്താ മറന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അദ്വൈതത്തിൽ വളരെ പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം ഇരിക്കുക തന്നെ എന്തു ചെയ്യുന്നു അദ്വൈത ചർച്ചയെ നമ്മൾ പഞ്ചപാതിക വായിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതല്ല കാരണം ഭാമധികാരൻ നേരെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഈ ശല്യങ്ങളൊന്നുമില്ലാതെ അപ്പോഴാണ് നമ്മുടെ ചിന്ത വരുന്നത് എന്തുകൊണ്ട് ഇതുപോലെ വ്യാഖ്യാനിച്ചുകൂടാ വിവരണകാരനും എന്തിനീ വഴക്കിനും ബേളത്തിനുമൊക്കെ പോകുന്നു എന്റെ ആവശ്യം എന്തോ ഇനി അങ്ങനെ എവിടെയെങ്കിലും സമർത്ഥിക്കണമെങ്കിൽ തന്നെ ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇനി തമസിന ഭാവമായി സമർപ്പിക്കും അതിന്റെ ആവശ്യമുള്ളത് സമർത്ഥിക്കുക ഇവിടെ ഇപ്പം സമർപ്പിച്ചപ്പോ എന്ത് ചെയ്തു ചർച്ച ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലേക്ക് പോയി ധന്യവാദ കോലാഹലങ്ങളിലേക്ക് പോയി അതാണ് പിന്നെ ഇനി ശരി അത് കഴിഞ്ഞു അതങ്ങനെ ഒരു ചർച്ചയായി പിന്നെ അവസാനം തോമസിന്റെ ഉത്പത്തിയെക്കുറിച്ച് എന്ത് പറയുന്നു ഇത്രയും പറഞ്ഞിട്ട് തെളിയും പറഞ്ഞിട്ട് ഇത് പറയേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ചർച്ച തീരില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇത് മേഘമണ്ഡലത്തിൽ നിന്ന് വിദ്യുത്ത് വന്നതുപോലെ ബ്രഹ്മം നേരിട്ട് തമസിനെ സൃഷ്ടിച്ചു ബ്രഹ്മം എന്തെങ്കിലും നല്ലതിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്കത് ഏ എന്തെല്ലാം നല്ല സാധനങ്ങൾ ഇവിടെയുണ്ട് നല്ലതിനെന്തിനെങ്കിലും ബ്രഹ്മം നേരിട്ട് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കെങ്കിലും ഒരു സന്തോഷം ഈ തമസ്സെന്ന് പറയുന്ന ആർക്കും വേണ്ടാത്തൊരു സാധനം പ്രത്യേകം എടുത്ത് ബ്രഹ്മം നേരിട്ട് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാ അദ്വൈതിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാ എന്തുകൊണ്ട് അദ്വൈതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇതിനെന്താ പ്രമാണം ഇങ്ങനെ ബ്രഹ്മ ഒരു സ്പെഷ്യൽ സൃഷ്ടി നടത്തി ഇതിനെവിടെയാ പ്രമാണം അപ്പോൾ ഇത് എന്തെങ്കിലും ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെയാ സമർത്ഥിക്കുന്നത് ഇതൊക്കെ ആരുടെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഒരു ചർച്ച കാണത്താതി കൂടുതല് പ്രശസ്തമാകും പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഒന്നാമത്തെ കാര്യമാണ് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങള് മനസിലാക്കാൻ വല്യ പ്രയാസം അതുകൊണ്ടാണ് ഇതിന് പ്രചാരം കിട്ടാത്തത് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു പാർമ്മികാരം പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം പ്രത്യേകിച്ച് രട്ടിനം സൃഷ്ടിച്ചു അത് വരുന്നേ എങ്ങനെ ബ്രഹ്മം സൃഷ്ടിക്കുന്നു വെളിച്ചം നശിപ്പിക്കുന്നു വെളിച്ചം നശിപ്പിക്കുന്നു ബ്രഹ്മം സൃഷ്ടിക്കുന്നു എന്നാലോചിയ ഇവിടെ മുഴുവൻ ഭയങ്കര കോലാഹലമാണ് അപ്പൊ ബ്രഹ്മത്തിന് വേറെ ഒരു പണി ഇങ്ങനെ ഈ ഇരുട്ടിൻ്റെ ആൾക്കാർ നശിപ്പിക്കുമ്പോഴല്ല അവിടെ പോയി സൃഷ്ടിക്കാൻ അതുകൊണ്ട് ബ്രഹ്മത്തിന് എന്താ ഗുണം ഇത് ഇതിന് ദൃഷ്ടാന്തമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെടുത്ത് കാണിക്കാം ആകാശ വായു വായുരഗ്നി അഗ്നി രാപഹ എന്നൊക്കെ സൃഷ്ടി ഈ സൃഷ്ടിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ബ്രഹ്മം സൃഷ്ടിക്കുക മനുഷ്യനെ നശിപ്പിക്കുക ബ്രഹ്മം സൃഷ്ടിക്കുക ഇങ്ങനെ പൊട്ടപ്പെട്ടാകുന്ന ഒരു ദൃഷ്ടിന്ന്ശം എവിടെയെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം എടുത്ത് ഇത് എന്താ ഇതിന് യുക്തി എന്ന് പറയുന്നത് ഇത് ആൾക്കാർ ചിരിക്കുന്ന കാര്യമില്ലേ കേട്ടുകഴിഞ്ഞാൽ ബ്രഹ്മം ഇതിനെ മാത്രം ഡയറക്റ്റ് സൃഷ്ടിച്ച് ബാക്കിയുള്ളതിനെയൊക്കെ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ മര്യാദയ്ക്ക് സൃഷ്ടിച്ചു ഇതിനെ സൃഷ്ടിച്ച മാത്രം ഒരു സർക്കസ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ി പറയണെന്താണ് എല്ലാം സൃഷ്ടിച്ചു അത് അംഗീകരിക്കും യുഗപത് എല്ലാം സൃഷ്ടിച്ചു തമസിന് മാത്രം എന്താ പ്രത്യേകത യുഗപത് സൃഷ്ടി എല്ലാം ഇങ്ങനെ പ്രകടമായി ഒറ്റ അതി പറഞ്ഞ പിന്നും അത് മനസ്സിലാക്കണം അപ്പൊ അത് ഇരുട്ടിന് മാത്ര ഞാനും നിങ്ങളും എല്ലാവരും ബ്രഹ്മത്തിൽ നിന്ന് യുഗപത് സൃഷ്ടിയാണ് ഞാനും നിങ്ങളും മാത്രമല്ല അച്ഛനും അപ്പൂപ്പനും അമ്മയും അമ്മാവനും എല്ലാവരും യുഗപത് സൃഷ്ടി മനസ്സിലാക്കാം നമ്മളെല്ലാം സൃഷ്ടിച്ചാല് ബ്രഹ്മത്തിൽ ഏതുപോലെ സ്വപ്നം പോലെ ഒരു ദൃഷ്ടാന്തെങ്കിലും ഉണ്ട് സ്വപ്നത്തിന് പോലെ യുഗപദ് അങ്ങനൊരു ഉദാഹരണം ഉണ്ടല്ലോ സമൂഹത്തിൽ എന്നെയും അച്ഛനെയും അമ്മയും അമ്മാവനെയും ചേട്ടനെയും എന്നൊക്കെ സൃഷ്ടിച്ചാരാ യുഗപദ് തത്രായം വൃഷസയും ജ്യോതി എല്ലാം ഒരുമിച്ചാണ് ഉണ്ടായിരുന്നു ഒരുമിച്ച് അവിടെ സംഭവിക്കാം കർമ്മമായിട്ട് സംഭവിക്കാം ഒരുമിച്ച് സംഭവിച്ചതിനെ എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ നല്ലതുമാണോ അപ്പോ ഇങ്ങനെയുള്ള അദ്വൈതത്തിൽ ഇങ്ങനെയുള്ള ഭാവനകൾ വരുമ്പോൾ അദ്വൈത യുക്തിഹീനമാകും അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം കാരണം എന്തുകൊണ്ട് നാണക്കേട് കരുതി പുറത്ത് ആൾക്കാർ ഇച്ചിരിക്കും ഇതൊക്കെ അന്നേ കാര്യമാണ് പിന്നെ ഇത് ഇവിടെ വെച്ചാൽ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളുടെ അവസ്ഥ എന്താണ് ഭാഷകാരൻ എങ്ങനെ കാര്യങ്ങൾ പറയുന്നു മറ്റുള്ളവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയുള്ളൂ ഇത് മനസ്സിലാകുമ്പോൾ ഇത് മനസ്സിലാകുന്നതിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് ഭാഷ്യം എന്തല്ലെന്ന് മനസ്സിലാക്കണം അതും മനസ്സിലാകണം അല്ലെങ്കിൽ നമ്മൾ നാളെ എവിടെയെങ്കിലും അദ്വൈതം കേൾക്കുമ്പോൾ അത് ഭാഷ്യമാണെന്ന് ധരിച്ചു അങ്ങനെ ഒരു ഇതുപോലെ എടുത്താൽ പൊങ്ങാത്ത പാണ്ഡിത്യങ്ങൾ ആൾക്കാർ ഇരുന്ന് ഇതൊക്കെ പറയുന്നേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളും മണ്ടന്മാരായിപ്പോയല്ലോ ഒരു വിവരമില്ലാത്ത മനുഷ്യന്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ ധരിച്ചു പോകും അപ്പം അതിനുവേണ്ടി അറിഞ്ഞിരിക്കണം ഇങ്ങനെയും കാര്യങ്ങളുണ്ട് ഭാഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പൂർവ്വപക്ഷമായിട്ട് പോലും ഇതൊന്നും കിട്ടത്തില്ല അതിനുവേണ്ടിട്ടാണ് അപ്പോൾ എന്തല്ലെന്ന് മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കേണ്ടതും ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ കുറിച്ച് നാനാതരത്തിലുള്ള ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ പ്രചരിക്കുമ്പം എന്താണ് ശരിയായ അദ്ദേഹതെന്നുള്ള നമ്മൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് സസ്യമൂല കാരണാത് മേഘ മണ്ഡലാത് മഹാവിദ്യുതാദി ജന്മവത് ജന്മ